ം ദാവീദിന്റെ ഒരു ആരോഹണഗീതം യഹോബയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു എരുശലേ മേ ഞങ്ങളുടെ കാലുകൾ നിന്റെ വാതിലുകൾക്കകത്ത് നിൽക്കുന്നു തമ്മിൽ ഇണക്കിയ നഗരമായി പണിതിരിക്കുന്ന എരിശലേ അവിടേക്ക് ഗോത്രങ്ങൾ യഹോവയുടെ ഗോത്രങ്ങൾ തന്നെ ഇസ്രയേലിന് സാക്ഷ്യത്തിനായി യഹോവിയുടെ നാമത്തിന് സ്തോത്രം ചെയ്യുവാൻ കയറി അവിടെ ന്യായാസനങ്ങൾ ദാവീദഗ്രഹത്തിന്റെ ന്യായാസനങ്ങൾ തന്നെ ഇരിക്കുന്നു യെരുഷലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പീൻ നിന്നെ സ്നേഹിക്കുന്നവർ സ്വൈര്യമായിരിക്കട്ടെ നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിന്റെ അരമനകളിൽ സ്വൈര്യവും ഉണ്ടാകട്ടെ എന്റെ സഹോദരന്മാരും കൂട്ടാളികളും നിമിത്തം നിന്നിൽ സമാധാനമുണ്ടാകട്ടെ എന്ന് ഞാൻ പറയും നമ്മുടെ ദൈവമായ യഹോബിയുടെ ആലയം നിമിത്തം ഞാൻ നിന്റെ നന്മ അന്വേഷിക്കും